ശാസംഗം ജാനോത്സമാധ്യം തദ്ദേശപടവുദം വിഭാഗ പ്രഗത്ഭവാഷാ പഞ്ചമലക്ഷണം എങ്ങനെയാണ് സൗഹാരഹേതുവസ്ഥിതി പ്രകാശിത്വം ദവഹാരഹേതുവെന്ന് പറയുമ്പോൾ സ്വഹാരഹേതുത്വത്തിൽ എന്താണ് ദോഷം പ്രതിവാദികളുടെ അതിവ്യാപ്തി അത് പരിഹരിക്കുന്നതിനെന്ത് പറഞ്ഞു ജ്ഞാന വ്യവഹാര ഹേതത്വം എന്ന് പറയുമ്പോ എന്താ കുഴപ്പം അനുവ്യവസായത്തിൽ അതിവ്യാപ്തി വരുന്നു അനുവ്യവസായത്തിൽ അതിവ്യാപ്തി വരുമ്പോ അവിടെ എങ്ങനെയാണ് അതിവ്യാപ്തി വ്യവസായ്ഞാനത്തിന് ഹേതു ആണ് അത് വ്യവസായ അങ്ങനെ വ്യവസായ ജ്ഞാനത്തിന്റെ വ്യവഹാരം എന്താ വ്യവസായ ജ്ഞാനത്തിന്റെ വ്യവഹാരം എന്ന് പറയുമ്പോ എന്താ അപ്പൊ അതിനെങ്ങനെ ഹേതുവാകും ്ഞാനത്തിന്റെ വ്യവഹാര അനു വ്യവസായമാണെങ്കിൽ അതിനത് തന്നെ ഹേതുവാകും വ്യവസായത്തിന്റെ വ്യവഹാര അനു വ്യവസായമാണ് വ്യവസായത്തിന്റെ വ്യവഹാരം അതിന്റെ ഏതിന് ഹേതു ഏത് ജ്ഞാനം ആ വ്യവസായ ജ്ഞാനരൂപ വ്യവഹാരം വ്യവസായ ജ്ഞാനത്തിന്റെ വ്യവഹാരമാണ് വ്യവസായം ജ്ഞാനം വ്യവഹാരമാണ് വ്യവഹാരം ഏതൊക്കെയാണ് അതില് ആദ്യം വരുന്ന ഏതാണോ അഭിജാന്നു പറഞ്ഞാല് ജ്ഞാനം വ്യവഹാരമായി വരും അയം ഘട എന്ന് പറയുന്നത് എന്ത് വ്യവഹാരമാണ് അയം ഘട ശബ്ദവ്യവഹാരം ഉം എങ്ങനെ എങ്ങനെ അഭിജ്ഞ ആവുന്നു അപ്പോ അയം ഘട ഘടം കണ്ടിട്ടൊരാൾക്ക് ജ്ഞാനം ഉണ്ടാവും അയം ഘട പറയണ്ട അവരുടെ ഉള്ളിൽ ഇന്ദ്രിയാർത്ഥ സന്നിധർഷമുണ്ടാകുന്നു ഉള്ളിൽ ഞാനുണ്ടാവും ഞാനുണ്ടായാൽ അത് അഭിജ്ഞാരൂപത്തിലുള്ള വ്യവഹാരം പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയുക എം ഖാ ഇതെന്തായി അഭിവേദന രൂപത്തിലുള്ള വ്യവഹാരം രണ്ടു ആവാം അപ്പം ഏതൊരു അഭിവേദന രൂപത്തിലുള്ള വ്യവഹാരത്തിൻ്റെ മുമ്പിലും അഭിജ്ഞാരൂപത്തിലുള്ള വ്യവഹാരം ഉണ്ടാകും അപ്പോൾ അയം ഘടഹ എന്നൊരു ജ്ഞാനം ഉണ്ടായാൽ പറയണ്ട അതെന്തായി അഭിജ്ഞാനൂപത്തിലുള്ള വ്യവഹാരം ഏത് ഞാനും അഭിജ്ഞാനൂപത്തിലുള്ള വ്യവഹാരം ഇവിടെ പറഞ്ഞാൽ എന്താണ് ജ്ഞാന വ്യവഹാര അപ്പോൾ ഇവിടുത്തെ ജ്ഞാന എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാനൊരു ഉപകാരം എന്തായി വ്യവസായം ഞാൻ അയം ഖഡ എന്ന് പറയുന്ന ഈ ശബ്ദപ്രയോഗം എന്താ ആത്മാവിലുണ്ടായ ജ്ഞാന എന്നാണ് ആ ജ്ഞാനത്തിന് ഹേതുവായി എന്ത് അനുവസായം അതിൻ്റെ ഹേതുവായി സ്വീകരിക്കുന്നു ആ അങ്ങനെ നോക്കുമ്പോൾ വ്യവസായം ഭേദവും അനുവസായം അതിൻ്റെ കാര്യവുമാണ് വ്യവസായ ജ്ഞാന ജന്യമാണ് അനുവ്യവസായം അങ്ങനെ അല്ല എന്നുകൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ം വന്നില്ല എന്നുണ്ടെങ്കിൽ ആവഹാരം ഒരു അനുഭവം ഉണ്ടായാലേ ആദ്യത്തെ ജ്ഞാനത്തിന് വിലയുള്ളൂ വ്യവസായം പറയും അത് അങ്ങനെ ഉണ്ടാകുന്നു മാത്ര വിലയില്ല സ്വയം നിലനിൽപ്പില്ല സ്വയം നിലനിൽപ്പ് വേണമെങ്കിൽ എന്ത് വേണം അനുഭവത്തിലൂടെ ആ ജ്ഞാനം പ്രത്യക്ഷമാകത്തുള്ളൂ ആ ജ്ഞാനം പ്രത്യക്ഷമാണെങ്കിൽ എന്ത് വേണം അനുഭവം അത് പ്രത്യക്ഷമാവുന്നുകൊണ്ടാണ് പറയുന്നത് അതിന് ഇത് ഹേതുവാണെന്ന് അല്ലെ പ്രത്യക്ഷം വരണ്ടേ പ്രത്യക്ഷം അതാണ് ജ്ഞാനത്തെ സ്വയം പ്രകാശമായി താർക്കികന്മാർ അദ്വൈതം സ്വീകരിക്കും പോലെ സ്വീകരിക്കുന്നുണ്ട് ജ്ഞാനം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിനെ വിഷയമാക്കണം വിഷയമാക്കുന്ന ജ്ഞാനത്തിന് ആദ്യമുണ്ടായ ജ്ഞാനത്തിൻ്റെ അത് വിഷയമാക്കുന്നതുകൊണ്ട് അതിന് ഹേതു എന്ന് പറയുന്നു ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഘടത്തിൻ്റെ ജ്ഞാനമുണ്ടാകും ഘടത്തിൻ്റെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഘടം എന്ന് പറയുന്നത് ഹേതുവാകും അജ്ഞാനത്തിന് ഹേതുവാകും അവരിവിടെ വ്യവസായത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകും അല്ലേ വ്യവസായത്തിൻ്റെ ജ്ഞാനം ഉണ്ടായാലും ഇതിപ്പോൾ ഘടം സ്വതന്ത്രമാണ് ഇതങ്ങനെയല്ല വ്യവസായ ഞാനം അനു വ്യവസായത്തെ ആശ്രയിച്ച് നീക്കുന്നുള്ളന്നുകൊണ്ട് ഘടം ഞാനവാൻ അഹം എന്ന് പറയുന്നതിൽ ആ വ്യവസായം ഞാൻ ഇരിക്കുകയാണ് അതുകൊണ്ട് അനുവ്യവസായം കൊണ്ടാണ് അതിന് ജീവൻ കിട്ടുന്നത് അതുകൊണ്ട് അനു വ്യവസായം അതിന് ഹേതുവായി അപ്പോ വ്യവസായ ഹേതുവായ അനു വ്യവസായത്തിൽ ഞാന വ്യവഹാര ഹേതു എന്ന് വെച്ചാൽ അവിടെ ഞാൻ വ്യവഹാരത്തിന് എന്തർത്ഥം പറയും ഞാനരൂപ വ്യവഹാരത്തിന് ഹേതുവായി അതേസമയം അനുവ്യവസായവും ജ്ഞാനവ്യവഹാരമാണ് ഇങ്ങനെ വ്യവസായ ജ്ഞാനത്തിൻ്റെ വ്യവഹാരമാണ് ജ്ഞാനസ്യ വ്യവഹാരമെന്ന് പറഞ്ഞാൽ അതേ എടുക്കാം എന്തായാലും വ്യവഹാരങ്ങളിൽ ആദ്യം സംഭവിക്കുന്ന ജ്ഞാനമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ദോഷം പറയുമ്പോൾ അനുവസായ ജ്ഞാനത്തെ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അനുവ്യവസായം പറയാതെ തന്നെ പറയുന്നു എന്താണ് ഘടകം ഇതം ഞ്ഞ വ്യവസായം ഞാനും ഇതും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണോ ഈ അനു വ്യവസായം തമ്മിന് അതാണ് വ്യത്യാസം മുമ്പ് പറഞ്ഞൊരു വ്യവസായം ഞാനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് യം ഘട എന്ന് പറയുന്നിടത്ത് പറയുകയെന്ന് വെച്ചാൽ ഇത് പറയാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അയം ഘട എന്നറിയുന്നിടത്ത് പറയുന്നില്ല ഞാൻ പറഞ്ഞില്ല അറിഞ്ഞതേ ഉള്ളൂ അവിടെ ജ്ഞാന വിഷയം എന്താണ് ഘടമാണ് അപ്പോൾ അതിൽ നിന്ന് ഘടജാനം ഉണ്ടായി അടുത്ത് ഘടന മിതം എന്ന് പറയുന്നത് അവിടെ ജ്ഞാന വിഷയം എന്താണ് ആ രണ്ടും ഉണ്ട് അതാണ് അറിയുന്നത് അവിടെ ജ്ഞാന വിഷയം എന്ന് പറയുന്നത് കാരണം അത് ഘടജാനത്തെക്കുറിച്ചുള്ള അറിവാണ് ഘടജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവായതുകൊണ്ടാണ് അതിനനുഭവസായം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അല്ല ഇത് ഘടനജ്ഞാനം ഇതമെന്നാ പറയുന്നത് അപ്പം ഇവിടെ എന്തു വരുന്നു ഇവിടെ ഘടവും ജ്ഞാനവും ചേർന്ന് വിഷയമായി മറ്റൊരു ജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഘടജ്ഞാനത്തിൻ്റെ ജ്ഞാനമുണ്ടായി ഇനി എൻ്റെ വ്യവഹാരം അഭിതാരൂപത്തിലുള്ള വ്യവഹാരം എങ്ങനെയായിരിക്കും ഘടഞ്ഞ അതാണ് ഇവിടെ എഴുതിയത് അഭിതാരൂപത്തിലുള്ള വ്യവഹാരത്തെയാണ് ഘടഞ്ജാനം ഇതമെന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിതാരൂപത്തിലുള്ള വ്യവഹാരം പറഞ്ഞില്ല ഉള്ളിലിരിക്കുകയാണെങ്കിൽ അത് അഭിജ്ഞാന വ്യവഹാരം അപ്പം ഇവിടുത്തെ ഘടജാനം ഇതമെന്ന് പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ചുള്ള ജ്ഞാനമായതുകൊണ്ട് അതിനെ അനുഭവം എന്ന് പറഞ്ഞു അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഘടകുജ്ഞാനം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന അവിടെ ജ്ഞാനം പ്രധാനവും ഘടം വിശേഷണം കാരണം ഘടജ്ഞാനമെന്നോ പടഞ്ജാനമെന്നോ ബഹുജ്ഞാനമെന്നോ എന്തുകൊണ്ടോ പറയാം അവിടെയൊക്കെ വിശേഷണങ്ങൾ മാറി മാറി ഇവരും ജ്ഞാനം വിശേഷിയും മാറാതിരിക്കും അതുകൊണ്ട് ഘടഞ്ജാനം ഇതം എന്ന് പറയുന്നത് നമ്മൾ അനുഭവമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജ്ഞാനമായിട്ട് അതിന് നമ്മൾ ജ്ഞാനരൂപ വ്യവഹാരം എന്നെടുത്തു കഴിഞ്ഞാൽ മനസ്സിലായോ ഘടജ്ഞാനം ഇതം എന്ന് പറയുന്നത് നമ്മൾ പറയാത്ത അറിവാണ് ജ്ഞാനരൂപ വ്യവഹാരം ഉള്ളിലുണ്ടായ അറിവാണെങ്കിൽ അതിൻ്റെ വിഷയമായി വരുന്നു വിശേഷിയുമായ ജ്ഞാനവും വിശേഷണവുമായ ഘടവും അപ്പം ജ്ഞാനവ്യവഹാരം ഘടകാനത്തെ കുറിച്ചുള്ളിൽ ഉണ്ടായ അറിവ് അറിവെന്ന് തന്നെ എടുക്കും അതിൻ്റെ വിഷയം എങ്ങനെയാണോ ജ്ഞാനമായിരിക്കുന്നത് അതുപോലെ തന്നെ വിശേഷണമായ ഘടവുമായി അപ്പോൾ ലക്ഷണം അവിടെ പോകുന്നു എങ്ങനെ വ്യവഹാര ഹേതു എവിടെ പോയി ദീപത്തിൽ പോയി ദീപജ്ഞാനം എന്ന് പറഞ്ഞാൽ ദീപത്തിൽ പോയി അപ്പൊ ഇവിടെ ജ്ഞാനം വ്യവഹാരം എന്നുള്ള ഖടനം ഘട ഇവിടെ ജ്ഞാന വ്യവഹാരം എന്നുള്ള ജ്ഞാനം വ്യവഹാരം എന്നുള്ളതുകൊണ്ട് എന്തിനടുത്ത് ഘടജ്ഞാനം എന്നുള്ളതുകൊണ്ട് എന്തിനടുത്തത്യം ഘടകം എങ്ങനെ കടജ്ഞാനം വ്യവഹാരം അല്ല കടജാനോ പറയുന്നാണോ ഞാനൊരു വ്യവഹാരം ഇവിടെ ജ്ഞാനരൂപ വ്യവഹാരം എന്ന് പറഞ്ഞ എല്ലാം ഏ അതേതാണെന്നാണ് ഏത് ജ്ഞാനം എന്നാണ് മലയാളം അറിയത്തില്ലേ സംസ്കൃതം അറിയാം അതാണ് മലയാളം ചോദ്യം ശരിയായില്ല ചോദ്യം ശരിയാക്കാം ഇവിടെ വ്യവഹാരം ഈ പറഞ്ഞു കടത്തെ അല്ലെങ്കിൽ ദീപത്തെ വിഷയമാകുന്ന ജ്ഞാനത്തിന് വിഷയമാകുന്നു എന്ന് പറയുമ്പോ അവിടുത്തെ ജ്ഞാന വ്യവഹാരം ഏതാണ് എന്താണെന്ന് ഞാൻ ചോദിച്ചത് ഘടിച്ചുള്ള ജ്ഞാനം അല്ലെങ്കിൽ ദീപജ്ഞാനത്തെ കുറിച്ചുള്ള ഞാനും ദീപജ്ഞാനം അവിടെ ഉണ്ട് ഇവിടെ ദീപജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് വിഷയം ദീപജ്ഞാനത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ വിഷയമാണത് ഇത് വ്യക്തമായും മനസ്സിലാക്കണം ദീപജ്ഞാനത്തെക്കുറിച്ചുള്ള ജ്ഞാനം ദീപജ്ഞാനത്തെക്കുറിച്ച് വേറൊരു ജ്ഞാനം ഉണ്ടായി ആ ജ്ഞാനത്തിൻ്റെ വിഷയമാണ് ദീപജ്ഞാനം ആ വിഷയത്തിലാണ് വിശേഷവും വിശേഷനുമുള്ളത് അതിൻ്റെ വിശേഷനാണ് ദീപം അതിലാണ് എന്ത് പറയുന്നത് ജ്ഞാന വ്യവഹാര വിഷയമായത് ജ്ഞാനോഹാര വിഷയത്തോടെ ഒന്നും ദീപത്തിൽ ദീപം പ്രകാശമാണ് ജടപ്രകാശമായതുകൊണ്ട് ഉപപ്രകാശത്വമാണ് മനസ്സിലായോ ഇവിടെ നേരത്തെ പറഞ്ഞതെന്നും വ്യത്യാസമുണ്ട് നേരത്തെ പറഞ്ഞതെന്താണ് ഡയറക്റ്റ് ഐ എം ദീപഹ എന്ന് ഞാനുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഏതാണ് ഞാനും ദീപത്തെക്കുറിച്ചുള്ള വ്യവസായം ഞാൻ അയ്യൻ ദീപഹ എന്നൊരാൾക്ക് ഞാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആ ജ്ഞാനം എന്ന് പറയുന്നത് ഏതാണോ ദീപത്തെക്കുറിച്ചുള്ള വ്യവസായം അതിൻ്റെ വിഷയം എന്താണ് അത് അതേ ആണ് എന്നെ ദീപജ്ഞാനം എന്നുള്ള ഞാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജ്ഞാനം എന്താണ് എന്തിൻ്റെ അനുവ്യവസായം ദീപജ്ഞാനത്തിൻ്റെ അനുവ്യവസായം എന്തുണ്ട് അതിനെ ദീപജാനത്തിൻ്റെ അനുവ്യവസായം എന്ന് പറഞ്ഞു ഈ ദീപജ്ഞാനം ത്തെ അറിഞ്ഞപ്പോൾ കൊണ്ട് ദീപജാനത്തെ കുറിച്ചുള്ള അറിവ് ദീപജ്ഞാനത്തിൻ്റെ അനുവ്യവസായമാണ് ദീപജാനം ഒരു ജ്ഞാനമാണ് ഇത് ദീപജാനത്തിൻ്റെ അനുവ്യവസായമായതുകൊണ്ട് ദീപജാനത്തെ നമുക്കറിയാം വ്യവസായം ഞാനോ ദീപജ്ഞാനത്തിൻ്റെ ഞാൻ പറയുന്നു ദീപജ്ഞാനത്തെ ഞാൻ അറിഞ്ഞു അല്ലെങ്കിൽ ചോദിക്കുന്നു എന്തറിവാണ് നിങ്ങൾക്കുണ്ടായത് പറയുന്നു ദീപജ്ഞാനം ഉണ്ടായി ദീപജ്ഞാനം ഉണ്ടായെന്ന് വെച്ചാൽ ദീപജ്ഞാനത്തെ അറിഞ്ഞൂന്നാണ് അപ്പം ദീപജ്ഞാനം ഒരു അറിവായതുകൊണ്ട് അത് വ്യവസായജ്ഞാനവും ആ ദീപജ്ഞാനത്തെക്കുറിച്ചുണ്ടായ അറിവ് അനു വ്യവസായവുമായി അപ്പം അനുവ്യവസായത്തിൻ്റെ വിഷയമായെന്ത് അപ്പൊ ഇവിടുത്തെ ജ്ഞാനം വ്യവഹാരം എന്തായി ദീപജ്ഞാനത്തെ കുറിച്ചുള്ള അറിവ് ദീപജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താവും വീണ്ടും വ്യവസായവും അതുകൊണ്ടാണ് ഇവിടെ ദീപജ്ഞാനം എന്ന് പറയാതെ ഒന്നുകൂടി ചേർത്ത് എന്താണ് ദീപജാനം ഇതം എന്ന് പറഞ്ഞു ദീപജ്ഞാനം ഇതം ഈ ദീപജ്ഞാനം ഇതം പറയുന്നത് എന്താണ് ദീപജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവാണ് ദീപജ്ഞാനത്തെ കുറിച്ചുള്ള അറിവ് അതിന്റെ വിഷയമായി എന്ത് ദീപം അപ്പം ജ്ഞാന വ്യവഹാരം ഇവിടെ ഏതിനെടുക്കും ദീപജ്ഞാന വ്യവഹാരം ഒന്നുള്ളതുകൊണ്ട് എന്തിനെടുക്കും വഹാരം എന്നുള്ള ഏതിനെടുത്തു ദീപത്തെ ആ ദീപജ്ഞാനത്തെ കുറിച്ചുള്ള ഞാൻ അതാണ് ഇവിടെ ജ്ഞാനം ജ്ഞാന രൂപ വ്യവഹാരം അതിന്റെ ഹേതുവെന്തായി അതിന്റെ ഹേതുവെന്തായി ദീപം ദീപം എന്ന് പറയുന്ന വിഷയമാണ് അതെങ്ങനെ ഹേതുവാകും ഷയത്തിന് ഹേതുത്വമുണ്ട് വിഷയം ഹേതുവാണ് ഇപ്പം ദീപജ്ഞാനം ഇതുമെന്ന് പറയുന്ന അതിനനുഭവസായൊന്നും പറയാം അല്ലെങ്കിൽ ദീപജ്ഞാനത്തെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയാം അതിൻ്റെ വിഷയം ദീപമായതുകൊണ്ട് എന്തുവരുന്നു അതിന് വരും ദീപത്തിൽ വരും അപ്പം ജ്ഞാന വ്യവഹാര ഹേതുത്വം ദീപത്തിലുള്ള ീപജ്ഞാനം ഒന്ന് നമ്പർ വൺ ദീപജ്ഞാനത്തെ കുറിച്ചുള്ള ജ്ഞാനം നമ്പർ ടു നമ്പർ ത്രീ എന്താണ് ദീപജ്ഞാനം ഇതം എന്നുള്ള ശബ്ദപ്രയോഗം മൂന്നാമത് നമ്പർ വൺ എന്താണ് ദീപജ്ഞാനം രണ്ടാമത് ദീപജ്ഞാനം ഇതം എന്നുള്ള ജ്ഞാനം മൂന്നാമത് ദീപജ്ഞാനം ഇതം എന്നുള്ള ശബ്ദപ്രയോഗം ശബ്ദപ്രയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ വ്യവഹാരമായിട്ടെടുക്കുന്നു ഇവിടെ ജ്ഞാനവ്യവഹാര ഹേതുത്വം എങ്ങനെ വരുമെന്ന് നോക്കണം ശബ്ദപ്രയോഗത്തെ എടുത്തു കഴിഞ്ഞു അപ്പം ഈ ശബ്ദപ്രയോഗത്തിന് ഹേതുവായി ജ്ഞാനരൂപത്തിലുള്ള വ്യവഹാരം ഇപ്പം വ്യവഹാരം ഒന്ന് മാത്രം എടുക്കുകയാണ് അപ്പോൾ ഇതിനെടുക്കുക ഏതാണ് ദീപജ്ഞാനം ഇതോ എന്ന് പറയുന്ന ശബ്ദപ്രയോഗം അതിൻ്റെ ഹേതുവായി ജ്ഞാന രൂപത്തിലുള്ള വ്യവഹാരം അതിൻ്റെ വിഷയമായി ദീപജ്ഞാനം അതിന് ഹേതുവായി ദീപം ഇപ്പോൾ പരമ്പരയായിട്ട് എന്തുവരുന്നു ശബ്ദപ്രയോഗ വ്യവഹാരത്തെ എടുത്തു കഴിഞ്ഞാലും വ്യവഹാര ഹേതുത്വം എന്ന് പറയുന്ന വരും അത് ജ്ഞാനമല്ല ശബ്ദപ്രയോഗമാണെങ്കിലും ജ്ഞാനദ്വാര എന്തുവരും മധ്യത്തിൽ ജ്ഞാനമുള്ളതുകൊണ്ട് ജ്ഞാനത്തിലൂടെ ദീപത്തിൽ വ്യവഹാര ഹേതുത്വം വരുന്നു ജ്ഞാനവ്യവഹാര ഹേതത്വം വരുന്നു നേരിട്ടല്ല കാരണം ശബ്ദപ്രയോഗം ജ്ഞാനമല്ല പക്ഷേ ആ ശബ്ദപ്രയോഗം തന്നെ ഫലത്തിലെന്തായി ജ്ഞാനത്തിലൂടെ ദീപത്തിൽ വ്യവഹാര ഹേതുവായതുകൊണ്ട് ശബ്ദപ്രയോഗവും ജ്ഞാനദ്വാര ജ്ഞാന വ്യവഹാര ഹേതുത്വം ദീപത്തിൽ കൊണ്ടുപോകുന്നത് ശബ്ദപ്രയോഗം ജ്ഞാനമല്ലാത്ത മധ്യത്തിൽ അങ്ങനെ ഒരു ജ്ഞാനം ഇരിക്കുന്നതുകൊണ്ട് ജ്ഞാനവ്യവഹാര ഹേതുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദപ്രയോഗത്തെ എടുത്തു കഴിഞ്ഞാലും ജ്ഞാനദ്വാര ഹേതുത്വം ദീപത്തിൽ വരുന്നതുകൊണ്ട് അതിനെ എടുക്കാം അല്ല നേരിട്ടല്ലെന്നേ ഉള്ളൂ എന്നീ വ്യവഹാരമായിട്ട് പ്രവൃത്തിയെടുത്താലോ പ്രവൃത്തിയെടുത്ത നമ്പർ വൺ ജ്ഞാനം രണ്ട് ശബ്ദപ്രയോഗം മൂന്നാമത് പ്രവൃത്തി പ്രവൃത്തിക്ക് കാരണം ശബ്ദപ്രയോഗം ശബ്ദപ്രയോഗത്തിന് കാരണം ജ്ഞാനം അങ്ങനെ എന്തുവരുന്നു പ്രവൃത്തിയും പരമ്പരയായിട്ട് എവിടെ ചെല്ലും ദീപത്തിൽ ചെല്ലും അപ്പം ജ്ഞാനവ്യവഹാര ഹേതുത്വം സാക്ഷാത് അല്ല പരമ്പരയായിട്ട് വ്യവഹാരമെന്നുള്ളതുകൊണ്ട് പ്രവൃത്തി എടുത്തു കഴിഞ്ഞാലും ജ്ഞാനവ്യവഹാര ഹേതുത്വം എന്ന് പറയുന്ന ഇവിടെ വരും ദീപത്തി ഹേതുത്വം പ്രകാശത്വം ദീപത്തിൽ വരുന്നു ദീപം ജഡപപ്രകാശമാണെന്നേ ഉള്ളൂ പക്ഷേ പ്രകാശമാണല്ലോ ഇതാണ് ഇവിടുത്തെ ദോഷം ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ജ്ഞാനം ഉള്ളിൽ വരുന്നതാണ് ആദ്യം സംഭവിക്കുന്ന ജ്ഞാനം ഏതായാലും അത് വ്യവസായമാണ് ആദ്യം സംഭവിക്കുന്നത് രണ്ടാമത് സംഭവിക്കുന്നത് അനുവ്യവസായം മൂന്നാമത് സംഭവിക്കുന്നത് ശബ്ദപ്രയോഗം നാലാമത് സംഭവിക്കുന്നത് പ്രവൃത്തി അങ്ങനെ എടുക്കണം അപ്പോൾ ഇവിടെ അധിവ്യാപ്തി വന്നത് ഇനി നിങ്ങൾക്ക് അതിൻ്റെ വ്യാഖ്യാനം ഞാൻ മുമ്പ് വായിച്ചു നിർത്തിയ വ്യാഖ്യാനം ഒന്നുകൂടി വായിച്ച് നോക്കുമ്പം വ്യക്തമാവും ഈ കാര്യങ്ങളാണ് അവിടെ വിശിഷ്ട വേദനത്തെ വിശേഷണാലംബനത്വ നിയമാ കഴിഞ്ഞ ദിവസം ബാധിച്ചത് വിശിഷ്ട വേദന എന്ന് വെച്ചാൽ വിശിഷ്ടജ്ഞാനം ഇവിടുത്തെ വിശിഷ്ടജ്ഞാനം ഏതാണ് ആ അതാണ് ദീപജ്ഞാനത്തിൻ്റെ ജ്ഞാനം ദീപജ്ഞാനത്തിൻ്റെ ജ്ഞാനമുണ്ടായപ്പോൾ ആദ്യമുണ്ടായ ജ്ഞാനം ദീപജ്ഞാനം ദീപവിശിഷ്ടജ്ഞാനമാണ് ദീപജ്ഞാനത്തിൻ്റെ ജ്ഞാനമുണ്ടായപ്പോൾ ദീപജ്ഞാനമല്ലോ ആദ്യമുണ്ടായത് അത് വിശിഷ്ടമായ ഒരു ജ്ഞാനമാണ് വിശിഷ്ടജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷണയുക്തമായ ജ്ഞാനം വിശിഷ്ടം എന്ന് പറഞ്ഞതാണ് വിശേഷണമുള്ള ജ്ഞാനം ദീപജ്ഞാനം എന്ന് പറയുന്നതിൽ ദീപ എന്ന് പറയുന്ന വിശേഷണമുണ്ട് അതിപ്പോ രണ്ട് തരത്തിലെടുക്കാം വിശിഷ്ടസ് വേതനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താവും ഇപ്പൊ ദണ്ഡി പുരുഷ ദണ്ഡവിശിഷ്ടമാണ് പുരുഷൻ അല്ലേ അപ്പോൾ വിശിഷ്ടജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് ദണ്ഡമോ പുരുഷനോ അല്ല പിന്നെയോ ദണ്ഡീ പുരുഷ എന്നുള്ള ജ്ഞാനമാണ് അല്ലേ അസമയം വിശിഷ്ടം ചത്ത ജ്ഞാനം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ദണ്ഡീപുരുഷ എന്ന് പറയുന്ന വിഷയമാണോ അതൊരിക്കലും ജ്ഞാനമാകത്തില്ല ജ്ഞാനത്തിൻ്റെ വിഷയമാണ് ദണ്ഡീപുരുഷ എന്ന് പറയുന്നത് ദണ്ട് ജ്ഞാനമാണോ പുരുഷന് ജ്ഞാനമാണോ ദണ്ഡീപുരുഷ എന്ന് പറഞ്ഞാൽ അത് വിഷയമായിരിക്കും വിശിഷ്ടജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ് വിശിഷ്ടവിഷയകജ്ഞാനം വിശിഷ്ടത്തെ വിഷയമാക്കുന്ന ജ്ഞാനം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ദീപജ്ഞാനം എന്ന് പറയുമ്പോൾ അതൊരു ജ്ഞാനമാണ് അതൊരു വിശിഷ്ടമായ ജ്ഞാനമാണ് വിശിഷ്ടരൂപജ്ഞാനമാണ് എന്തുകൊണ്ട് അതിലൊരു വിശേഷണവും വിശേഷിയുണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം ദീപജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശിഷ്ടജ്ഞാനമാണ് ഇനി ദീപജ്ഞാനത്തെക്കുറിച്ചുള്ള ഞാനാണ് അതിനെയും പറയാം ഇഷ്ടം ഞാനൊന്നും എന്തുകൊണ്ട് വിശിഷ്ടം വിഷയമായിരിക്കുന്ന ജ്ഞാനം മനസ്സിലായോ ദണ്ടും എന്താ ദീപവും ദീപവിശിഷ്ട ജ്ഞാനമാണ് ദീപജ്ഞാനം ദീപ വിശേഷണവും ജ്ഞാനം വിശേഷവും ഇഷ്ടജ്ഞാനമാണ് ആ വിശിഷ്ടജ്ഞാനത്തെ വിഷയമാക്കുന്ന ജ്ഞാനമാണ് വ്യവസായ അനു വ്യവസായ ജ്ഞാനം അതിനെയും നോക്കാം എന്താണ് വിശിഷ്ടജ്ഞാനം ഇവിടെ രണ്ടിനെയും വിശിഷ്ടജ്ഞാന രണ്ടാമത്തെ അർത്ഥം എന്താണ് വിശിഷ്ട വിഷയം വിശിഷ്ടം വിഷയം എസ് വിശിഷ്ടമായത് വിഷയമായിരിക്കുന്ന ഏതിനാണോ രണ്ടർത്ഥം കൊടുക്കാന്ന് പറഞ്ഞില്ലേ രണ്ടാം വിശിഷ്ടം വിശിഷ്ടം വിശിഷ്ടം വിഷയം ആദ്യത്തെ ഞാനിഷ്ടം ഞാൻ രണ്ടാമത്തും ഇഷ്ടം ഞാനോ രണ്ടിനും ഇഷ്ടം അത് ജ്ഞാനമായതാണ് അപ്പോ ഇവിടെ വിശിഷ്ടവേദനസ്യ വിശിഷ്ടമായതിനെ കുറിച്ചുള്ള അറിവ് നടത്തുകഴിഞ്ഞാൽ വിശിഷ്ടവേദന ഏതായി ദീപജ്ഞാനത്തിൻ്റെ ജ്ഞാനം അത് വിശിഷ്ടത്തിൻ്റെ ജ്ഞാനമാണ് വിശിഷ്ട ഏതായി ദീപജ്ഞാനമെന്ന ആദ്യത്തെ ഞാൻ വിശിഷ്ടവേദനസ്യ വിശേഷണാലംബനത്വ നിയമാ അത് വിശേഷണത്തെ ആശ്രയിക്കുന്നു ഏത് അനുവ്യവസായ വിശേഷണത്തെ എങ്ങനെ ആശ്രയിക്കുന്നു അനുവസായ ജ്ഞാനത്തിൻ്റെ വിഷയമായി ഇവിടെ വ്യവസായ ജ്ഞാനം അതിൻ്റെ വിശേഷണമായി ദീപം അപ്പം വിശിഷ്ട വേദന സശേഷണാലംബരത്വ നിയമ ഇത് ദണ്ഡീപുരുഷൻ മനസ്സിലാകാം അവിടെ വിശിഷ്ടജ്ഞാനം എന്ന് പറയുന്നത് ദണ്ഡീപുരുഷ എന്നുള്ള ജ്ഞാനം അത് വിശേഷണത്തെ ആശ്രയിക്കുന്നു എന്നറിഞ്ഞാ എന്തിനെ ആശ്രയിക്കുന്നു ദണ്ഡിനെ വിഷയജന്യത്വ തജ്ഞാനസ്യ പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന തജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏതാണ് അനുഭവസാനം വിഷയജന്യത്വ ഇവിടെ ഏതാണ് വിഷയം ദീപവും ജ്ഞാനവും ആണ് വിഷയജന്യ ഓരോ പദത്തിനും ശ്രദ്ധിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത വിഷയജന്യത്വത്തെ പ്രദീപജ്ഞാനം ഇത ഇതി അനുവ്യവസായ പ്രദീപജ്ഞാനം ഇതം എന്ന് പറയുന്ന അനുവസായം ഇതേത് ഞാനാണ് പ്രദീപ്ഞാനം ഇതോ എന്ന് പറയുന്ന അനുവ്യവസായം ഏത് ജ്ഞാനമാണോ പ്രദീപജ്ഞാനം ഇതം എന്ന് പറയുന്ന അനുവ്യവസായം ഏതാണോ വിഷയം ദ്വിതീയജ്ഞാനം പ്രഥമജ്ഞാനല്ല രണ്ടാമത്തെ ജ്ഞാനം അതാണ് പ്രദീപജ്ഞാനം ഇതം ഇത്യ അനുഭവം ഈ പ്രദീപജ്ഞാനം ഇതമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും ഇത് ശബ്ദപ്രയോഗമാണല്ലോ എന്നേ അതുകൊണ്ട് പറയുന്നത് ശബ്ദപ്രയോഗത്തെ അല്ല ഇവിടെ പറയുന്നത് എന്താണ് അഭിജ്ഞാരൂപ വ്യവഹാരസ്യ അഭിജ്ഞാരൂപ പക്ഷെ നമുക്ക് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ പ്രയോഗിക്കാൻ പറ്റും ഇപ്പോൾ പ്രദീപജ്ഞാനം ഇതം എന്ന് പറഞ്ഞതുകൊണ്ടത് അഭിവദന രൂപത്തിലുള്ള വ്യവഹാരം ആവണമെന്നില്ല അഭിജ്ഞാന രൂപത്തിലുള്ള വ്യവഹാരത്തിനെയും പറയുമ്പോൾ ഇങ്ങനെ ആയിക്കോ അതുകൊണ്ട് ഇതിന് ജ്ഞാനാകാരമെന്ന് പറയും ശബ്ദമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ഏതുപോലെ എന്ന് പറഞ്ഞാൽ അയം ദീപ ഒരാൾക്ക് ജ്ഞാനമുണ്ടായി ജ്ഞാനത്തെ പറയാൻ വേണ്ടിയിട്ടെന്ന് പറയും ജ്ഞാനാകാര വ്യവഹാരമെന്ന് പറയും പക്ഷെ പറയുന്നത് ശബ്ദം ശബ്ദമില്ലാതെ വേറെ പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് നമ്മളാണ് അതിന് നമ്പറിടുന്നത് അയം ദീപഹ എന്ന ഫസ്റ്റ് ജ്ഞാനം സെക്കൻഡ് ശബ്ദപ്രയോഗം അങ്ങനെ നമ്പറിടുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്നാമത്തത് വ്യവഹാരം അങ്ങനെ മൂന്നാമത്തെ വ്യവഹാരം എന്നാണ് അത് ഫസ്റ്റിലുണ്ടാകുന്ന ജ്ഞാനം ഇവിടെ പറയുന്നതനുസരിച്ചാണ് അയം ദീപ ഫസ്റ്റ് ജ്ഞാനം സെക്കൻഡ് എന്താണ് അയം ദാപ ദീപ എന്ന് പറയണമെങ്കിൽ ശബ്ദപ്രയോഗം അയം ദീപ എന്ന് അറിയണമെങ്കിൽ അത് ഒന്ന് അയം ദീപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശബ്ദപ്രയോഗം ഈ വ്യത്യാസം മനസ്സിലാകണം അപ്പം ഇവിടെ ഇത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടെന്നുള്ള ഇപ്പം മനസ്സിലായല്ലോ മനസ്സിലായില്ലെങ്കിലും പ്രദീപജ്ഞാനം ഇതമിറ്റി അനുപവ്യവസായസ് അഭിജ്ഞാന വ്യവഹാരസ്യ പ്രദീപജ്ഞാനം ഇതം എന്ന് പറയുന്നത് അനുപവ്യവസായമാണ് അപ്പൊ പ്രദീപജ്ഞാനം ഇതം എന്ന് പറയുന്നതിന് അനു വ്യവസായമൊന്നും അഭിജ്ഞാന്ന് പറയുന്നത് അഭിജ്ഞാന്ന് പറഞ്ഞത് അഭിവാദനം അല്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൻ്റെ വ്യവസായെങ്ങനെ പറയും ഏ പ്രവസായ്ഞാനത്തെങ്ങനെ പറയും പ്രദീപ ഇത് വ്യവസായ ജ്ഞാനത്തെ എങ്ങനെ പറയും പ്രദീപ് അതാണ് വ്യവസായം വ്യവസായം എങ്ങനെയാണ് പ്രദീപ അയം പ്രദീപ ജ്ഞാനം അതാണ് വ്യവസായം പ്രദീപജ്ഞാനം ഇതം അനുവസായത്തെ പറഞ്ഞു അല്ലേ ഇവിടെ കേവലം പ്രദീപത്തിൻ്റെ ജ്ഞാനമല്ല അനുവസായം പിന്നെയോ പ്രദീപജ്ഞാനത്തിൻ്റെ ജ്ഞാനമാണ് അപ്പൊ വ്യവസായ ജ്ഞാനത്തെ എങ്ങനെ പറയും പ്രദീപജ്ഞാനം പ്രദീപം എന്ന് പറഞ്ഞാൽ മതിയോ പ്രദീപെന്ന് പറഞ്ഞാൽ പോരാ പ്രദീപജ്ഞാനം എന്ന് പറയുന്നു വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ് അപ്പം പ്രദീപത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ പറയും പ്രദീപസിജ്ഞാനം പക്ഷെ ആ ജ്ഞാനം എങ്ങനെയാണ് പ്രതീപ അയം പ്രതീപ എന്നാണ് അതാണ് അവിടുത്തെ ജ്ഞാനം വിഷയം എന്ത് കേവലം പ്രദീപം ആ വ്യത്യാസം നേരത്തെ ഞാൻ പറഞ്ഞാണ് വീണ്ടും പറയുകയാണ് പക്ഷേ പ്രദീപജ്ഞാനം എന്നുപറയുമ്പടെ പ്രദീപജ്ഞാനത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ് അങ്ങനെയാണ് പറയുന്നത് പ്രദീപജ്ഞാനത്തിൻ്റെ ജ്ഞാനമാകുമ്പോൾ വിഷയം എന്തായി പ്രതിപജ്ഞാനമാണ് അതാണ് ഞാൻ ചോദിച്ചത് അപ്പം പ്രദീപജ്ഞാനം യുധമെന്ന് പറഞ്ഞേ അപ്പോൾ അതിൻ്റെ വിഷയം എന്തായി പ്രതിഭജ്ഞാനം അതിന് പ്രദീപം എന്ന് പറഞ്ഞാൽ മതിയോ പ്രദീപജ്ഞാനം യുദ്ധമെന്ന് പറഞ്ഞാൽ ശരിയാകുമോ അയം പ്രദീപ ഇതം എന്ന് പറഞ്ഞാലൊക്കെ ശരിയാവും അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല എന്ത് തന്നെ പറയണം പ്രദീപജ്ഞാനം ഇതമെന്ന് പറയുന്ന അനുവ്യവസായത്തിന്റെ വിഷയം പ്രദീപ ജനം അതിന്റെ അനുവ്യവസായത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞത് പ്രദീപജ്ഞാനമിതി ഇതമിതി അനുവ്യവസായസ്യ അഭിജ്ഞാനോപ വ്യവസായസ്യ ഇതൊക്കെ സമാനാധിക സൃഷ്ടിയാണ് സമാനാധികം സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആ അഭേദാർത്ഥം എടുക്കണം എല്ലാം ഒന്നാണ് സ്വവിഷയജ്ഞാന വിശേഷണീഭൂത പ്രദീപജന്യത്വം സ്വശബ്ദം കൊണ്ട് എങ്ങനെ എടുക്കും അനുഭവം അതിന്റെ വിഷയം എന്തായി എന്താണത് പ്രദീപജ്ഞാനം അതാണ് സ്വവിഷയജ്ഞാനം എന്നുള്ളത് കൊണ്ട് എങ്ങനെയെടുക്കും പ്രദീപജ്ഞാനം സ്വവിഷയജ്ഞാനം വിശേഷണീഭൂതം അതിൻ്റെ വിശേഷണം എന്തായി പ്രദീപം വിശേഷണീഭൂത പ്രദീപജന്യത്വം ഏതിൽ വന്നു അനുവ്യവസായ ജ്ഞാനത്തിൽ വന്നു അസ്ഥീതി ജ്ഞാനവ്യവഹാരഹേതു പ്രദീപ്യ അതിവ്യാപ്തിഹി ഇങ്ങനെയാണ് ജ്ഞാന വ്യവഹാര ഹേതുവായ പ്രദീപത്തിൽ അതിവാപ്തി വന്നത് വളരെ ശ്രദ്ധിച്ച് ഓരോ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി അതോടൊപ്പം ചിന്തിച്ച് മനസ്സിലാക്കും സാധവ്യത്യർത്ഥ ഇനി അടുത്തുകൂടെ നോക്കുക അഭിവദനം വ്യവഹാര അടുത്ത് പറയും വ്യവഹാരം എന്നുള്ളതുകൊണ്ട് അഭിജ്ഞയെ മാത്രമല്ല അഭിവദനത്തെയും എടുക്കാം പക്ഷെ ഈ അഭിജ്ഞ ശരിക്കും മനസ്സിലാക്കിയത് ഇത് ഞാനിവിടെ ഇത് വിശദീകരിക്കുന്ന ഇനി പല ഭാഗത്തും ഇത് വരും ഓരോ സ്ഥലത്തും ഇതുപോലെ രണ്ടും മൂന്നും ദിവസമായിരുന്നു വിശദീകരിക്കാൻ പറ്റി അപ്പൊ ഇവിടെ എന്താണോ മനസ്സിലാക്കിയത് വിടാതെ ഇരുന്നാല് ഇനി വരുന്നിടത്തും മനസ്സിലാവും അഭിവദന അഭിവദനത്തെ വ്യവഹാരമായിട്ട് എടുക്കുക തസ്യബി തസ്യാന്ന് പറഞ്ഞാ പരമ്പരയ വ്യാവർത്തക പ്രദീപജന്യത്വ വ്യവഹാരഹേതുവം അഭിവദനത്തെ എടുത്തു കഴിഞ്ഞാലും പരമ്പരയായിട്ട് എന്ത് വരും വ്യവഹാര ഹേതുത്വം വരും അഭിവദനത്തിൻ്റെ മുമ്പിൽ അഭിജ്ഞ അതിൻ്റെ മുമ്പിൽ പ്രദീപ അങ്ങനെ ആണ് പരമ്പരയെന്ന് പറഞ്ഞത് തസ്യാവി നേരിട്ട് വരത്തില്ല എന്തുകൊണ്ട് പ്രദീപജ്ഞാനം പ്രദീപജ്ഞാന അനുവസായം അതുകഴിഞ്ഞ് എന്തൊരു ശബ്ദപ്രയോഗ രൂപത്തിലുള്ള വ്യവഹാരം വരുത്തുള്ളൂ അതുകൊണ്ട് നേരിട്ട വിഷയമാകത്തില്ല ശബ്ദപ്രയോഗത്തിൻ്റെ വിഷയമാകത്തില്ല എന്ത് പ്രദീപം ഇടയ്ക്കൊന്നും എന്താണ് ജ്ഞാനം അതുകൊണ്ടാണ് പറഞ്ഞത് അഭിവദന വ്യവഹാരത്ത പരമ്പരയ പരമ്പരയായിട്ട് വ്യാവർത്തക പ്രദീപജന്യത്വം വ്യാവർത്തക പ്രദീപം എന്ന് പറഞ്ഞാൽ എന്താ വിശേഷണം വിശേഷണമായ പ്രദീപജന്യത്വ വ്യവഹാര ഹേതുത്വം എവിടെ വരും പ്രതീപത്തിൽ വരും ഇത് കീരിയാണ് ഇനി അടുത്ത് ചെങ്കീരി വരാൻ പോവുന്നത് അതുകൊണ്ട് ഇത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ ഇവിടെ ഇതിനും ആണ് കുറയും ഞാൻ ഉത്തരവാദി അത് ഇപ്പൊ പലരും വിചാരിക്കുന്നു ഇതിനും നല്ല ജയിലായിരുന്നു അവിടെ പോയിരുന്നെങ്കിൽ ഈ ശല്യം ഒന്നുമില്ല ക്ലാസ് ആരെങ്കിലും കേട്ടോ ഹിന്ദി ക്ലാസ് പുസ്തകം എല്ലാവർക്കും കിട്ടിയില്ലെന്ന് പറഞ്ഞു കേട്ടോ ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ക്ലാസ് ആരെയും കൈത്തരാൻ പറ്റത്തില്ല ഇവിടെ അത് ഉപലബ്ധല്ലേ ക്ലാസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒന്നുകിലും മൊബൈലിൽ എടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സെർവറിലിട്ടിട്ട് കേൾക്കാം ഉണ്ടോ അത് കേൾക്കണം എന്നിട്ടത് ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയേണ്ടി വരും ക്ലാസ് കേട്ടെന്ന് പറഞ്ഞൂടെ ഒന്ന് ഇരുന്നാൽ പറ്റും ഞാൻ ചോദിക്കുന്നതിനെല്ലാം സമാധാനം പറയേണ്ടി വരും അല്ലാതെ ഞങ്ങൾ ക്ലാസ് കേട്ട് നമ്മുടെ രീതിയിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല